ആത്മ തോച്ച ബ്രഹ്മ അസ്തി ബ്രഹ്മെന്ന് പറയുന്നത് എല്ലാവരുടെയും ആത്മാവാണ് അതുകൊണ്ട് ബ്രഹ്മ അസ്തിത്വം എല്ലാവർക്കും അറിയാം ബ്രഹ്മ അസ്തിത്വത്തെ എല്ലാരും അറിയുന്നു ബ്രഹ്മ ഉണ്ടെന്ന് എല്ലാരും അറിയുന്നുണ്ട് ബ്രഹ്മ എല്ലാവരുടെയും ആത്മാവാണ് സർവോഹി ആത്മാഅസ്തിത്വം പ്രത്യേകിച്ച് എല്ലാവരും ആത്മാവിന്റെ അസ്തിത്വത്തെ അറിയുന്നു എന്ന് വെച്ച എല്ലാവരും ആത്മാവിനെ അറിയുന്നു അസ്മി അഹം ന അസ്മി ഞാനില്ലാന്നെല്ലാം അറിയുന്നു ഞാൻ ഉണ്ടെന്നാണ് എല്ലാവരും അറിയുന്നു പ്രത്യേകി അഹമസ്മീതി ഞാൻ ഉണ്ടെന്ന് അറിയാതിരിക്കുന്നില്ല എന്തും പ്രത്യേക അറിയുന്നുണ്ട് തന്നെ ഇവിടെ ഞാൻ ഉണ്ടെന്ന് അറിയുന്നു എന്ന് പറയുന്നത് ശരിയാണ് എല്ലാവർക്കും ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് എന്ന് ഞാനുണ്ടെന്ന് അറിയുമ്പോൾ അത് ആത്മാവിനെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാകും ഞാനുണ്ടെന്ന് അറിയുന്നു എന്നറിയുന്നത് ശരിയാണ് പക്ഷെ അത് അങ്ങനെ ഞാൻ അറിയുന്നത് ആത്മാവെന്ന് പറയുന്നു എന്നറിയുന്നു എന്നിങ്ങനെ പറയാൻ പറ്റും ഞാൻ എന്താണെന്ന് അറിയുന്നുണ്ട് എല്ലാവരും പക്ഷെ അത് ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് എന്നങ്ങനെ അറിയും നമ്മുടെ പൂർവപക്ഷം പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല നനു അഹമസ്മീജാ അഹമസ്മീ ഞാനുണ്ടെന്ന് എല്ലാരും അറിയുന്നു സമ്മതിച്ചു മാജ ഞാസി ആത്മാവനും പക്ഷെ ആത്മാവിനെ അറിയുന്നില്ലല്ലോ മാജ്ഞാസീതാണ് അജ്ഞാസീത് നോകി മാങ്ങിന്റെ യോഗത്തിൽ അട്ടു ആട്ടും നിരത്തില്ല ഞാസിന്ന് വെച്ചറിയുന്നില്ല എന്തിനാ ആത്മാവിന് അത് വലിയൊരു ചോദ്യമാണ് അദ്വീതികളുടെ അല്ല പഴയ എല്ലാവരും അദ്വീതി മാത്രമല്ല പഴയ എല്ലാവരും പറഞ്ഞെന്താണ് ഞാൻ ഞാൻ അറിയുന്നത് കൊണ്ട് ആത്മാവിനെ അറിയുന്ന ഞാൻ അറിയുന്നോണ്ട് അത് സമ്മതിക്കും അതുകൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്നങ്ങനെ പറയാൻ പറ്റി എന്താ ഈ ആത്മാവ് ഞാനറിയുന്നു വെച്ചാ ഞാൻ എന്നെ അറിയുന്നു അത് ആത്മാവിന്റെ അറിവായിട്ട് എങ്ങനെ മാറുമെന്നുള്ളതാണ് ഞാനെന്നറിയുന്ന ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കണം ആ ആത്മാവിനെ ഞാൻ എന്നറിയുന്നു എന്ന് വരണം പക്ഷെ ഞാനെന്നറിയുന്ന ആള് ഞാനെന്നേ അറിയുന്നുള്ളൂ ആത്മാവിനെ അറിയുന്നില്ല ഇതാണല്ലോ എല്ലാവരുടെയും അനുഭവം അതാണ് പൂർവ്ജു പറയുന്നത് മാഗ ഞാ സീത ആത്മാനും അറിയുന്നില്ല അതിന് സമാനം പറയണം യതി ഹി ന ആത്മാഅസ്തിവപ്രസിദ്ധീശ്യാദ് സർവോ ലോകോ നഹമസ്മീതി പ്രതീയാ ശരി നാമശ്മ പ്രത്യേക ഇവിടെയാണ് അദ്വൈതയുടെ പഴയ ആൾക്കാരുടെ എന്താ ഒരു തർക്കം അവരെന്താ പറയുന്നത് ഞാൻ ഞാൻ എന്ന് നമ്മൾ നിരന്തരം അറിയുന്നുണ്ട് അങ്ങനെ നിരന്തരമായി അറിയുന്നുണ്ട് ഈ അറിവിന് ആശ്രയമായിട്ട് ണ്ടായിരിക്കണം ഇതാണ് പഴയ യുക്തി ഞാനെന്നും നിരന്തരം അറിയണമെങ്കിൽ ഒന്നാൽ ഉറങ്ങുന്നതുവരെ ഞാനെന്നുള്ള ബോധം ഉണ്ടായെന്ന് മാറ്റമില്ല അപ്പൊ അങ്ങനെ സ്ഥിരമായൊരു ബോധം ഉണ്ടാവണമെങ്കിൽ ഈ അഹമെന്ന് പറയുന്ന അനുഭവത്തിന് ആധാരമായി ഒന്നുണ്ടാവണം അതാണ് ആത്മാവ് അപ്പൊ ആ അറിവിന്റെ വിഷയമായിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഇപ്പോ പുസ്തകം എപ്പോഴും പുസ്തകം ഞാൻ പുസ്തകത്തെ അറിയുന്നു അവിടെ അറിവിന് വിഷയമായി പുസ്തകമുണ്ട് പുസ്തകം എന്ന് പറയുന്നത് പ്രത്യക്ഷമായ മുമ്പിലുണ്ട് അതുകൊണ്ടോ ഇല്ലയെന്ന് തർക്കത്തിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു മുമ്പിൽ വസ്തുവുള്ളതുകൊണ്ട് അതിന് വിഷയമായി ഇത് പുസ്തകം എന്നറിയുന്നു പക്ഷെ അഹമെന്നുള്ളൊരു അനുഭവം എല്ലാർക്കും ഉണ്ട് പുസ്തകത്തെ പുസ്തകം എന്നറിയുന്ന പോലെ അഹമെന്ന് പറഞ്ഞ് അറിയാനൊരാത്മാവ് അതാർക്കെങ്കിലും പ്രത്യക്ഷണോ ആ അവിടെയാണ് പ്രശ്നം പക്ഷെ അങ്ങനെ ഒരു ആത്മാവ് ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഈ ചർച്ചയെല്ലാം പോകുന്നത് അങ്ങനെ ഒരു ആത്മാവുണ്ട് പക്ഷെ അത് പ്രത്യക്ഷമാണോ പ്രത്യക്ഷമല്ല പ്രത്യക്ഷമായിരിക്കുന്ന ആകെ എന്താണ് അഹമെന്ന് പറയുന്ന ഈ ബോധമാണ് അപ്പോ അങ്ങനെ ഒരു ആത്മാവെന്ന് പറയുന്ന ഒന്ന് സ്ഥായിയായൊന്ന് പ്രത്യക്ഷണല്ലോ കാരണം ഈ അഹം എന്ന് പറയുന്ന ബോധം തന്നെ ജാഗ്രതരോടും സുഷുപ്തിയിലില്ല പിന്നെ സ്ഥായി നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല അതിന്റെ അതിന്റെ ആശ്രയമായിട്ട് സ്ഥായിയായൊരാത്മാവുണ്ടെന്ന് അങ്ങനെ തർക്കത്തിലൂടെ എങ്ങനെ പറയാൻ പറ്റും അപ്പോ അത് ആണ് സിദ്ധാന്തം എന്ന് പറയും ഞാനെന്നുള്ള അനുഭവത്തിന് ആധാരമായി ആത്മാവെന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ എന്നുള്ളതാണ് സിദ്ധാന്തം അതിനെ വേറെ തെളിവെന്നും ചോദിക്കുന്നു പ്രത്യേകിച്ച് അതിന് തെളിവൊന്നും ഇല്ല ഒരു വ്യക്തി വേണമെങ്കിൽ പറയാം എന്താണോ ഉണർന്നുകഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെ ഞാൻ എന്നുള്ള അനുഭവം ഏത് സമയവും ഉണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് ഞാനെന്നുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ആ അനുഭവത്തിന് ആധാരമായിട്ട് ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇതാണ് വ്യക്തി ഇതല്ല വേറെ ആത്മാവ് ഉണ്ട് എന്നുള്ളതിന് വേറെ വ്യക്തിയൊന്നുമില്ല അത്രയോ ഏറ്റവും അധ്യസിക്കാന്ന് പറഞ്ഞാ എന്താ എന്താ അങ്ങനെയാണ് ആരോപിക്കാന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും വാക്ക് പറയുന്നത് എന്ന് പറയാ അർത്ഥമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കരുത് ഞാൻ എന്നുള്ള അനുഭവം ആ അനുഭവത്തിന് ആധാരമായി ഒരു സ്ഥിരമായ ഒരു വസ്തു അവിടെ ഉണ്ടെന്ന് ഒരു തർക്കത്തിലൂടെ സ്ഥാപിച്ചെടുക്കുകയാണ് ഒരു തർക്കമാണത് അതുകൊണ്ടാണ് ആത്മാവെന്ന് പറയുന്ന വിവാദമായിരിക്കുന്നത് എപ്പോഴും കാരണം അത് ഇനി ചിലർ പറയും വൈശേഷികന്മാരും മറ്റും അവർ പറയും അഹമെന്ന് പറയുന്ന അനുഭവത്തിലൂടെ നിങ്ങളുടെ അഹോന്ന് പറയുന്ന അനുഭവത്തിലൂടെ എന്താണോ അറിയുന്നത് അത് തന്നെ ആത്മാവ് അഹോ എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ചാർവാകന്മാർ പറയുന്ന അഹോ എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ഈ ശരീരത്തെ അറിയുന്നു വേറെ ഒന്നിനും അറിയുന്നില്ല ശരീരത്തെയാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുകൂടെ അറിയുന്നില്ല അഹമെന്ന് ശരീരത്തെ അറിയുന്നു അതുകൊണ്ടാണ് ഇതൊരു തർക്കവിഷയമായിരിക്കും ആധുനിക ശ്വാസം പറയുന്ന എന്താണോ അഹമെന്ന് അറിയുന്നത് ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു ജ്ഞാനമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതൊക്കെ എഴുതിയ എഴുതിയ കാലത്ത് ഇവർക്ക് ബ്രെയിനിനെ ഒരു കുറച്ചുകൂടി വ്യക്തമായ അറിവുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായ അറിവുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു കുഞ്ഞിനെഴുതത്തില്ലായിരുന്നു കാരണം ഇതിപ്പോ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അഹവെന്ന് പറയുന്ന അനുഭവത്തിന് ആധാരമായി ഒരു ആത്മാവുണ്ടെന്ന് ഇവരുടെ ഇവിടെ തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒന്നുണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞു അത് ഒരാളാണോ പറഞ്ഞത് നൂറുകണക്കിന് ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞതൊന്ന് പഴകി പഴകി എല്ലാവരുടെയും മനസ്സിൽ വന്നെന്താണ് അഹം എന്ന് പറയുന്ന അനുഭവത്തിന് ആധാരമായി ഒരു ആത്മാവുണ്ട് അതാർക്കും പ്രത്യക്ഷമല്ല ഏതെങ്കിലും ഒരാൾക്ക് ഹമെന്ന അനുഭവത്തിനുപരിയായി ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു ആർക്കും പ്രത്യക്ഷമുണ്ടോ പക്ഷെ ഇത് വളരെ വ്യാപകമായി ഇങ്ങനെ ഒരു ആശയം പ്രചരിച്ചോണ്ട് എല്ലാവരും ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കാനും അതിനെ അംഗീകരിക്കാനും നിർബന്ധിതരായിപ്പോയി അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് എന്താണ് അഹമെന്ന് പറയുന്നതിനാധാരമായിട്ടൊരാത്മാവ് ണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ വിശ്വാസമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനപ്പുറം മനുഷ്യനൊന്നും അറിയാൻ പറ്റുന്നില്ല എന്തിനാ ഈ അഹോന്ന് പറയുന്ന അനുഭവത്തിനപ്പുറം ഒരു വസ്തുവിനെ അറിയാൻ പറ്റുന്നുണ്ട് അഹോന്ന് പറഞ്ഞാൽ പലരെ ഉള്ളിലിരിക്കും പലരെ ഉള്ളിലിരിക്കുന്ന അഹം ഒന്നെന്ന് പറയുന്ന എന്തുകൊണ്ടാണ് എല്ലാവരും ഞാൻ ഞാൻ ഞാൻ അറിയുന്നു അപ്പൊ പറയുന്നത് ഒന്നെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും ഒരേ അനുഭവമാണെന്നാണ് മനസിലായോ എല്ലാ മനുഷ്യർക്കും ുഭവത്തിന് വ്യത്യാസം ഇല്ല എല്ലാവരും ഒരേ അനുഭവം ഞാനെന്ന് അതിലൊരു കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് ഈ സാധനത്തിന് എല്ലാവരും തലയെന്ന് അറിയുന്നു വാരം എന്നറിയുന്നു അറിയോ ഇതിനെ കൈ എന്നറിയുന്നു എല്ലാവരും കയ്യെന്ന് തന്നെ അറിയുന്നു ഇതിനെ കാലം എന്നറിയുന്നു ഇതിനെ ശരീരം എന്നറിയുന്നു എല്ലാവരും എന്തു ചെയ്യുന്നു ഇതിനേക്കാ എല്ലാവർക്കും ഒരേ അതുപോലെ ഞാനെന്നറിയുന്നു ഒരു എന്താ വ്യത്യാസം എല്ലാരും അറിയുന്നോണ്ട് എല്ലാവരുടെ ഇരിക്കുന്ന ഒന്നും അറിയാൻ പറ്റുമോ അതായത് എല്ലാവരും ഇതിന് തലറിയുന്നു അതുകൊണ്ട് എല്ലാവരിലും ഇരിക്കുന്ന തലയെല്ലാം കൂടെ ചേർന്ന് ഒരു തലേന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും വികാരങ്ങൾ സ്നേഹം ദുഃഖം സന്തോഷം ആയിട്ട് സന്തോഷം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും എല്ലാ മനുഷ്യനും ഉണ്ടാവും ഒരാൾക്ക് സന്തോഷം ഉണ്ടാവും വേറെ ഒക്കെ ദുഃഖം ഉണ്ടാവും രണ്ടവും തമ്മിൽ എങ്ങനെയാ കണക്ട് ചെയ്യുന്നത് എന്തുവെച്ച് കണക്ട് ചെയ്യും സിസ്റ്റം ഉം ഇത് കണക്ട് ചെയ്യുന്ന എങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം രണ്ടുപേരിലിരിക്കുന്ന ഒരഹമാണെങ്കിൽ ഞാൻ സന്തോഷിക്കുമ്പം എല്ലാവരും സന്തോഷിക്കും കാരണം രണ്ടുപേരിലിരിക്കുന്ന എന്താണ് ഒരഹമാണ് ഞാൻ കരയുമ്പോ എല്ലാവരും കരയണം ഇതങ്ങനെയല്ലേ ഏഹ് സന്താപം ആ അത് മരണ വീട്ടി ചെല്ലുമ്പഴത്തേക്ക് രാഷ്ട്രീയക്കാരാണെങ്കി അവർക്ക് സന്തോഷമൊന്നുമില്ല അവരെ അഭിനയിക്കും ഏറ്റവും അടുത്തവരാണെങ്കിൽ സങ്കടപ്പെടും അപ്പൊ എല്ലാവർക്കും കൂടെ ചെല്ലുന്നവർക്ക് സങ്കടമൊന്നും വരത്തില്ല ശത്രുക്കളാണെങ്കിൽ അവർ സന്തോഷിക്കും പ്രകടിപ്പിക്കുന്നവരെ ശ്ലോക അത് പറയുന്ന എന്താണ് ഈ പറയുന്ന എന്താണ് അഹോന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമായി ഒരാത്മാവുണ്ട് അദ്ദേഹം ഒന്നാണ് അതിന്റെ പറയുന്നു അത് എന്ന അഹോ എന്ന് പറയുന്നതിന് ആശ്രയം ഗുരു പറഞ്ഞിരിക്കുന്ന അതെന്താ സംശയം പിന്നെ അല്ല അതിനാശ്രയമായിട്ട് ഒരു ആത്മാവ് എന്നാണ് പറയുന്നത് അതാണ് ബ്രഹ്മെന്നാണ് കൂടെ പറഞ്ഞു വരുന്നത് ശങ്കരാചാര്യത് പറഞ്ഞൊപ്പിച്ചപ്പോ ബാക്കിയുള്ളവർക്കെല്ലാം ഇതെന്തായി ഒരു ബാധ്യതയായിരിക്കും എല്ലാരും അത് വിശ്വസിച്ചു എല്ലാരും അത് വിശ്വസിക്കുന്നു ഇനി അത് ഇത് മാറാൻ ആർക്കും പറ്റത്തില്ല എന്താണ് അതൊക്കെ പലവണ്ണം അവള് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയല്ല ഇത് പഴയൊരു ചിന്ത അതുപോലല്ല എല്ലാവർക്കും മനുഷ്യർക്കും ആകുമെന്നുള്ള അനുഭവം ഉണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ടർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതൊരു അഹം അനുഭവം ഉണ്ട് അപ്പോ ഈ അഹംന്ന് പറയുന്ന അനുഭവത്തിന് ആധാരമായി ഒന്ന് വേണം അത് നമുക്ക് പ്രത്യക്ഷമൊന്നുമല്ല പക്ഷെ അങ്ങനെ ഒന്നുണ്ടതാണ് ആത്മാവ് അതുപോലെ അല്ല ഈ അദ്വൈതം തന്നെ പറയുന്നതെന്ന് അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്വൈതം തന്നെയാണ് പറയുന്നത് ശങ്കരായ പറയുന്ന വിശ്വസിക്കാം ഭാവതികാരം പറയുന്ന വിശ്വസിക്കാം ഗുരു പറയുന്നു വിശ്വസിക്കുക നിങ്ങൾക്ക് പറഞ്ഞ ആൾക്കാരെ വിശ്വസിപ്പിക്കാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല എങ്ങനെ വിശ്വസിക്കുന്നതിന് എന്താ കൊഴപ്പം വിശ്വസിക്കുന്നതിന് ഉണ്ട് ദോഷമൊന്നുമുണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കുന്ന കുഴപ്പമൊന്നും ഇണ്ടു അപ്പൊ ഇവിടെ പൊതുവെ ചെയ്യാൻ ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ അഹത്തിനെ അറിയുന്നുണ്ട് ആത്മാവിനെ അറിയുന്നുണ്ടോ അത് ചോദ്യം കറക്റ്റായ ചോദ്യം നമ്മളാരെങ്കിലും ചോദിക്കണെങ്കിൽ തർക്ക ഉത്തരം പറയാണ് ഏ അദ്വൈതത്തെ അംഗീകരിക്കുന്നില്ല ഗുരുക്കന്മാരെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയും നമ്മുടെ ഇപ്പം പൂർവോക്ഷി ചോദിച്ചോണ്ട് പ്രശ്നമൊന്നുമില്ല ചോദ്യം ശരിയാണ് നിങ്ങളറിയുന്നു ആത്മാവിനെ അറിയുന്നില്ലല്ലോ എന്നാണ് അതിന് ഉത്തരം പറയുന്നത് ശ്രദ്ധിക്കണം എന്താണ് എന്നാണ് ഭാഷ്യകാരം പറയുന്നത് യഥിഹി ആത്മാഅസ്തിത്വ പ്രസിദ്ധീശ്യ സർവോ ലോകോസ്മീരി ഭാഷ്യകാരം പറയുന്ന ഇതാണ് എന്താണോ നിങ്ങൾ ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്റെ മറുപടി മറുപടി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ആത്മാവിനെ അറിയുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഞാനുണ്ടെന്ന് ആർക്കും അനുഭവം ഉണ്ടാവത്തില്ല ഞാനുണ്ടെന്ന് അനുഭവം ഉണ്ടോ തിരിച്ചാണ് തിരിച്ചെടുക്കണോ ആത്മാവിന്റെ അസ്ഥിത്വത്തെ ആരും അറിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഞാനുണ്ടെന്നുള്ള അനുഭവം ഉണ്ടാവത്തില്ല വീണ്ടും പഴയത് തന്നെ പറയണം എന്താണ് ഞാനുണ്ടെന്ന് പറയുന്ന അനുഭവം ഉണ്ടോ ആത്മാവിനെ നിങ്ങളറിയുന്നു ചോദ്യം ഇതാണ് എന്താണ് അഹത്തെയല്ലേ അറിയുന്നുള്ളൂ ആത്മാവിനെ അറിയുന്നില്ലല്ലോ മറുപടി നിങ്ങൾ അകത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിനെയാണ് അറിയുന്നത് ഏതാത്മാവ് എവിടെയിരിക്കുന്ന ശങ്കരാചാര്യെക്കാളും വലിയ ബുദ്ധിയെടുക്കുന്നുണ്ടെങ്കിൽ ആ അഹമെന്ന് അറിയുന്നുണ്ടെങ്കിൽ ആ അഹമെന്നുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ എന്തിനാ അറിയുന്നു ആത്മാവിനെ അറിയുന്നു അപ്പൊ അഹത്തെയല്ലേ അറിയുന്നുള്ളു അഹം എന്നല്ലേ അറിയുന്നുള്ളൂ ആത്മാവിനെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അഹമെന്ന് അറിയുന്നുണ്ടെങ്കിൽ ആത്മാവിനെ അറിയുന്നു അത് തന്നെ ഉത്തരവ് ചോദ്യ ഇതാണ് അഹവെന്നല്ലേ അറിയുന്നുള്ളൂ ആത്മാവിനെ അറിയുന്നില്ലല്ലോ ഉത്തരവെന്താണ് അഹമെന്നറിയുന്നുണ്ടെങ്കിൽ ആത്മാവിനെ അറിയുന്നുള്ളു പുതിയതായി എന്തെങ്കിലും ഉത്തരം കിട്ടിയ ഇല്ല ഇതാണ് ശങ്കരായരുടെ ബുദ്ധി മനസിലായോ അപ്പൊ പിന്നെ ഈ ആത്മാവ് എവിടെ നിങ്ങളെന്നറിയുന്ന ആത്മാവും മനസിലായോ അത് അത് നിങ്ങള ഇവിടെയാണ് വരുന്നത് വിശ്വാസം നിങ്ങളത് വിശ്വസിക്കാന്നാണ് ഈ പറയുന്ന എന്റെ ചുരുക്കം അല്ലാതെ നിങ്ങളെ പഠിപ്പിക്കുന്നവരെ എന്താണോ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങള് ഒരുപക്ഷെ ഞാൻ അഹം എന്നേ അറിയുന്നുള്ളു ആത്മാവിനെ അറിയുന്നില്ല നീ അഹമെന്ന് അറിയുന്നുണ്ട് അത് തന്നെ ആത്മാവ് അതെ നേരിട്ടുള്ള ഉത്തരം അത് ആ അത് തന്നെ ഉത്തരം ചോദ്യം മനസിലായ പക്ഷെ ഉത്തരം അതുപോലെ മനസ്സിലാവത്തില്ല ഉത്തരവ് ഇങ്ങനെ മനസ്സിലാകാണ് ഇപ്പോ എന്താ ചോദ്യം ഇതാണ് ഞാ അഹ് തന്നെ അറിയുന്നുള്ളു ആത്മാവിനെ അറിയുന്നില്ലല്ലോ നമ്മളെ ആത്മാവല്ല അത് ഇത്രയാണ് ഉത്തരം അപ്പൊ നീ അറിയുന്നതന്നെ ആത്മാവ് സോ ഇത് വീണ്ടും തല കുരി ചെറിഞ്ഞിട്ട് എന്താ ഈ പറയുന്നു ഞാഹമൊന്നറിയാഹോന്നറിയുന്നുണ്ടോ പക്ഷെ ആത്മാവൻ അറിയുന്നില്ലല്ലോ ഞാമോന്നറിയുന്നുണ്ടോന്ന് പറയുന്ന വരത്തില്ല ദാമതി ഒന്ന് നോക്കുക അഹം അസ്മീരി ഞാനുണ്ടെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആസ്പദം ഹി ജീവാത്മാനം പ്രതിയാദ് അഹം എന്ന് പറയുന്നതിന് ആശ്രയമായി ആസ്പദം എന്ന് വെച്ച ആശ്രയമായിരിക്കുന്നതിന് ആധാരമായിരിക്കുന്ന ജീവാത്മാനം ചേനറിഞ്ഞില്ലെങ്കിൽ അഹമിത് നപ്രതിയാവ് അഹം എന്നുള്ള ബോധം ഉണ്ടാകത്തില്ല അഹങ്കാരാസ്പദുന്ന അഹോന്നല്ല അഹങ്കാരത്തിന് അഹങ്കാരം എന്ന് പറഞ്ഞെന്താണ് അഹമെന്നുള്ള ഈ ബോധം അതിന് ആസ്പദമായിരിക്കാന്ന് വെച്ചാൽ അതിനാശ്രയമായിരിക്കുന്ന ജീവാത്മാനം ജീവാത്മാവിനെ നപ്രതിയ നീ അറിഞ്ഞില്ലെങ്കിൽ അഹം ഇതിന അഹം എന്നുള്ള ബോധം ഉണ്ടാവത്തില്ലോ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ബലമായി അംഗീകരിപ്പിക്കുകയാണ് നീ അംഗീകരിച്ച പറ്റും എന്താണ് നിനക്ക് അഹമെന്ന് പറയുന്ന അനുഭവം ഉണ്ടെങ്കിൽ നീ അതിന് ആശ്രയമായി ആസ്പദമായി ജീവാത്മാവിനെ നീ അറിയുന്നുണ്ട് മനസിലായോ അതിനാസ്പദമായി ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത് വിധത്തിൽ നിങ്ങളുടെ അഹമെന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ ആസ്പദമായി അതിന്റെ ആശ്രയമായിരിക്കുന്ന ജീവാത്മാവിനെ നിങ്ങൾ അറിയുന്നുണ്ട് ഒരു സംശയവും അതെങ്ങനെ ഇനി അങ്ങോട്ട് ചോദ്യമില്ല ഇനി എന്താ വേണ്ടത് എന്നെ വിശ്വാസം വിശ്വസിക്കുക ഞാൻ അഹം എന്നറിയുന്നത് ഈ അനുഭവത്തിന് ആധാരമായിരിക്കുന്നവര് ആത്മാവിനെന്ന് വെച്ചാൽ ആ ആത്മാവിൽ നിന്നാണ് ഈ അഹം എന്ന് പറയുന്ന ഈ അനുഭവം ഇങ്ങനെ സ്ഫുരിക്കുന്നത് ഫുരണം ഇങ്ങനെ ഉണ്ടാകുന്ന ആത്മാവിൽ നിന്നാണ് അപ്പോ അങ്ങനെ ആത്മാവെന്ന് പറയുന്ന ഒന്നിനെ നിങ്ങൾക്ക് അംഗീകരിച്ചേ മതിയാവും എന്തുകൊണ്ട് അംഗീകരിച്ചേ മതിയാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് അതായത് നിരന്തരമായ ആഹാ അനുഭവം ഉണ്ടാകുന്നതിന് കാരണമായ ഒന്നുണ്ടായാലേ അതിനൊരാത്മാവിനെ അംഗീകരിച്ചാലേ പറ്റൂ ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബ്രെയിനിനെ കുറിച്ച് ബോധം വേണം അവിടെയാണ് കളി ഇതാണ് ഇന്നത്തെ കാഴ്ചപ്പാടും പഴയ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസം അഹവും എന്നുള്ള അനുഭവം ഉണ്ടാകുന്നുകൊണ്ട് നിങ്ങൾ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അഹവും അനുഭവം നിങ്ങളുടെ ബ്രെയിൻ സൃഷ്ടിച്ചാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും ഇന്ന് പറയുന്നു ന്യൂറോ സയൻസ് ഇതാണ് വ്യത്യാസം മറ്റവർ പറയുന്ന അഹമെന്ന് പറയുന്ന അനുഭവത്തിനും ആശ്രയമായി ഒരു ആത്മാവ് ഉണ്ടായാലേ ഒരു കാരണം എന്തുകൊണ്ട് അഹം എന്ന് പറയുന്ന അനുഭവം ഇങ്ങനെ ഉണ്ടാകുന്നു ഒരു ഒരു പിടിയില്ല അന്നത്തെ കാലഘട്ടം അപ്പൊ അറിവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് മനുഷ്യനെവിടെ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്നത്തെ അറിവ് ും പറയണ്ട നമ്മളിത്രയും പേര് അറിഞ്ഞാൽ ചലാൻസ്വാമി വിശ്വസിക്കാ പറഞ്ഞു കളയും വാച്ചിന് പോകുന്നു വിശകുന്നോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബ്രഹ്മസൂത്രക്ക് എങ്ങനെയാണ് ബ്രഹ്മസൂത്രം ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എത്തിച്ചേരുന്നത് ഇത് കൃത്യമായി അറിഞ്ഞിരിക്കും മനസിലായോ കൃത്യമായി ഇത് അറിഞ്ഞിരിക്കും അങ്ങനെ അറിയുമ്പോഴാണ് എങ്ങനെയാണ് ഒരു ആത്മാവെന്ന് പറയുന്ന ഒരു ആശയത്തിൽ എത്തിച്ചേരുന്നത് അപ്പോൾ അഹോ എന്ന് പറയുന്ന ഈ അനുഭവം ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ ആത്മാവിനെ അറിയുന്നു എന്ന് അംഗീകരിച്ചേ മതിയാവും വിശ്വസിച്ചേ മതിയാവും അതുകൊണ്ടാണ് ഇതൊരു വിശ്വാസമാണെന്ന് നമ്മളങ്ങനെ വിശ്വസിക്കുക അപ്പോ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് ആത്മാവും ബ്രഹ്മവും രണ്ടല്ല പിന്നെ ബ്രഹ്മവിദ്യും അദ്വൈതം പറയുന്ന എല്ലാ ഇത് തന്നെ പറയും എവിടെ അദ്വൈതം രമണ മഹർഷിയായാലും ഗുരുദേവനായാലും രാമകൃഷ്ണദേവനായാലും ശരി എല്ലാ ആചാര്യന്മാരും ഗുരുക്കന്മാരും പറയുന്നത് ഈ ശങ്കരാചാര് പറഞ്ഞു തന്നെയാണ് അതിനപ്പുറം ആർക്കും പറയാനില്ല ശങ്കരാചാര്യ പണ്ട് പറഞ്ഞു ഇതേ ഗുരുദേവനെ ശങ്കരാചാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിട്ടിത്തരം എന്നാര് പറഞ്ഞു ഞാൻ പറഞ്ഞ വേണ്ടി ഇത്ര പിന്നെ തെറ്റുണ്ടോന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയല്ലോ ഞാൻ ഇത്രേ പറയുന്നുള്ളു ഇന്നത്തെ നൂറോ സയൻസ് ഇങ്ങനെയല്ല പറയുന്നു ഈ കൊസ്റ്റിൻ്റെ യൻസിൽ ഇങ്ങനെയല്ല പറയുന്നതെന്ന് ഞാൻ പറയുന്നുള്ളു അല്ല അവരെല്ലാം പറഞ്ഞ് വെട്ടിത്തോണുന്നു അങ്ങനെയൊന്നും പറയുന്നു അത് ദർശനം ഇത് സയൻസ് ഇത് രണ്ടും അറിഞ്ഞിരിക്കണം ഇന്നത്തെ തലമുറ മനസിലായോ രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വസിക്കണം അറിയണമെങ്കിൽ അത് കാണാപഠിച്ചിട്ടൊന്നും കാര്യമില്ല പിള്ളര് ചെലപ്പോ ചോദിക്കും അതങ്ങനെയാണ് സ്വാമി വിവരം ഉള്ള പിള്ളേരാരും ഇല്ലാതിരിക്കണേന്ന് പ്രാർത്ഥിച്ചോണ്ട് പോകണം ഇനി ആരെങ്കിലും അങ്ങനെ പറയണമെങ്കിൽ പറയണം കുട്ടി പറഞ്ഞതുപോലെയും പറയാം ഇങ്ങനെയും പറയാം എന്ന് പറഞ്ഞ ഇപ്പൊ രണ്ട് കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെ ചിന്ത പ്രാചീനമായ പരമ്പരമായ ചിന്ത അങ്ങനെയാണ് ഇന്നത്തെ ചിന്ത എങ്ങനെയാണെന്ന് നമ്മളറിയണം കാരണം ഗുരുവിന് പറഞ്ഞിരിക്കുന്ന എന്താണ് എല്ലാ മതങ്ങളും പഠിക്കണമെന്നാണ് എല്ലാം മനസ്സിലാവണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇനൂറോ സയൻസും പഠിക്കും വേണ്ട എന്നാലും പറഞ്ഞു അവരുടെ കാഴ്ചപ്പാടും മനസ്സിലാക്കണം അല്ലെങ്കിൽ ഗുരു സയൻസിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു പക്ഷേ അന്ന് സയൻസും ഇത്രയും വികാസം പ്രാപിച്ചിട്ടില്ല പിന്നെ നടുരുവൊക്കെ വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ഇന്നുകൊണ്ട് അതിനെ കുറിച്ച് ഗുരുവിന്റെ മുമ്പിൽ വിശദീകരിച്ചതുമല്ല അങ്ങനെ രണ്ടു കാര്യങ്ങളുണ്ട് അത് എന്താണ് ബാധ ഉദ്രയായിട്ടുണ്ടെന്ന് ഗുരു ചോദിച്ച കൂടെ എന്താ നല്ല വെള്ളമില്ലേ പള്ളിക്കൂടം ഇല്ലേന്നൊക്കെ ചോദിച്ചു അപ്പൊ ഗുരുവിനും മനസ്സിലായി ഇതൊക്കെ പടിക്കൂടം ഇല്ലാത്ത എന്റെയും വെള്ളം കേടാവുന്നതിന്റെയൊക്കെ കുഴപ്പമാണെന്ന് ഗുരുവിനും അറിയാമായിരുന്നു ആണ് പറയുന്നത് ഗുരു ആധുനികനായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കെന്താണ് അതൊരു വലിയൊരു ട്രാൻസിഷൻ പീരീഡാണ് കാലം ഇങ്ങനെ ശക്തമായി മാറി ജനങ്ങളുടെ അറിവും കാര്യങ്ങളും എല്ലാം അപ്പൊ ട്രാൻസിഷൻ പീരീഡില് ആധുനികമായ ആശയങ്ങള് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമോ ഗുരു ഉൾക്കൊണ്ടിരുന്നു എന്നിട്ട് സ്വയം മാറിക്കൊണ്ടിരുന്ന ഒരാളാണ് അപ്പോ അത് എന്താണ് അങ്ങനെ പറയുക എന്ന് പറയുമ്പോ ഗുരു തന്നെ ഒരുപാട് പ്രേതങ്ങളെ ഒഴിപ്പിച്ചു ഭൂതങ്ങളെ ഒഴിപ്പിച്ചു എന്നൊരു അതേ ഗുരു തന്നെ ചോദിക്കുന്നു വെള്ളം കണ്ട അദ്ദേഹം അപ്പൊ അതൊക്കെ മാനസിക പ്രശ്നമാണെന്നുള്ള ഗുരുവിനെ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഗുരു മനസ്സിലാക്കി അപ്പോൾ ആ മാറ്റത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായത് ആ മാറ്റത്തെ തുടർന്നാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ഗുരു മാറിയ വഴിക്കാണ് തിരിഞ്ഞ് സഞ്ചരിക്കേണ്ടത് ഇന്ന് പ്രേതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇത് വെജിറ്റേരിയാണ് മാറ്റം എന്തെങ്കിലും പ്രശ്നമാണോന്ന് ചിന്തിക്കണം അപ്പോൾ പള്ളിക്കൂടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്താണ് എന്റെ ഒക്കെ അടിസ്ഥാന പ്രശ്നം ആധുനിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ആധുനികമായ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണത് പിന്നെ വിദ്യാഭ്യാസമുള്ളവരും അങ്ങനെ ചിന്തിക്കുന്നെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം ഗുരു എന്ന് പറയുന്ന എപ്പോഴും ഒരു മാറ്റത്തിന്റെ പ്രതീകമാണ് എപ്പോഴും മാറിക്കൊണ്ടിരുന്നതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടല്ലേ പറഞ്ഞു ഈ അമ്പലങ്ങളൊന്നും ഇനി വേണ്ടെന്ന് വെച്ചാലും മനുഷ്യന്മാരെ എന്തെങ്കിലും ഉപയോഗിച്ചോളൂ അപ്പൊ ഇതൊക്കെ എന്നും നിലകണം ഇത് വെച്ച് എല്ലാ കാലം കൊറേ മനുഷ്യർ മണിയടിച്ച് ജീവിക്കണമെന്നൊന്നും ഗുരു ആഗ്രഹിച്ചിരുന്നില്ല നാളെ ഇതൊന്നും വേണ്ടെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം വല്ല തൊഴുത്തോ െങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാന്ന് ഗുരു കാര്യം അതെ ആക്ഷണം കഴിച്ചു പറയും ആവശ്യമാണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ വളരെ ദീർഘവീക്ഷണവും ആധുനികമായ കാഴ്ചപ്പാടും ഗുരുവിനുണ്ടായിരുന്നതുപോലെ ശിഷ്യന്മാർക്കില്ലെന്നുള്ളത് അത് നമുക്കൊരു മാർഗദർശകമാണ് ഞാൻ അതിന്റെ കാഴ്ചപ്പാടിലാണ് ഇതിനെയൊക്കെ കാണുന്നത് അങ്ങനെ മാറിച്ച് എന്തിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അഹങ്കാരാസ്പദം ഈ ജീവാത്മാനം ചെറിയ പ്രതിയ അദ്ദേഹം ഇതിനെ പ്രതി ഉത്തരം പറയുന്നതിൻ്റെ ഒരു ഞാനെന്നല്ലേ അറിയുന്നുള്ളു ആത്മാവിനെ അറിയുന്നില്ലല്ലോ എന്ന് ശിക്ഷന്റെ ചോദ്യം ഗുരു പറയുന്നു ആത്മാവിനെ അറിഞ്ഞില്ലെങ്കിൽ ഞാനൊന്നും അറിയാൻ പറ്റില്ല ചോദ്യത്തെ മറിച്ചിട്ട് ഉത്തരവായി ഭഗവതി നനു സർവോജന ആത്മാനം അഹങ്കാരാസ്പദം ബ്രഹ്മണിതൊക്കെ മായാതം ഇത്യതാ ശരി എല്ലാവരും സമ്മതിച്ചു ഇനി തർക്കമൊന്നും ലാഹം എന്ന് പറയുന്നതിന് ആശ്രയമായിരിക്കുന്നു ആത്മാവിനെ അറിയുന്നുണ്ട് പക്ഷെ ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ എന്തായി ബ്രഹ്മത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ കാരണം ഭാഷത്തിൽ തുടങ്ങി എങ്ങനെയാണ് സർവസ്യ ആത്മത്വാച്ഛ ബ്രഹ്മസ്തിത്വ എല്ലാവരുടെയും ആത്മാവായതുകൊണ്ട് ബ്രഹ്മത്തെയും അറിയുന്നു എന്നാണ് അപ്പൊ ശരി ആത്മാവനെ അറിയാ സമ്മതിച്ചു ബ്രഹ്മമോ അതാണ് ു പ്രത്യേക സർവചനം എല്ലാവരും അറിഞ്ഞോട്ടെ ആത്മാവനം ആത്മാവിന് അഹങ്കാരാസ്പദം അഹങ്കാരത്തിന്റെ ആശ്രയത്തെ ബ്രഹ്മണി ലഘുമായതം ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്തായി ബ്രഹ്മണി ദുഃഖ്യമായതം ബ്രഹ്മത്തെ സംബന്ധിച്ചെന്തായി ആത്മാ ബ്രഹ്മരാചാരം എന്ത് ചെയ്തു അഹം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ അറിയുന്നത് ആത്മാവാണെന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു ആത്മാവ് തന്നെയാണ് ബ്രഹ്മം അഹം ബ്രഹ്മാ അപ്പെത്ര ഈസിയായിട്ട് ബ്രഹ്മുണ്ടെന്ന് സമർത്ഥിച്ചു എന്നിട്ട് പറയാണ് ഈ ആത്മാവെന്ന് പറയുന്നതിനെ സർവ്വരും അറിയുന്നുണ്ട് എന്തുകൊണ്ട് ഞാനെന്ന് എല്ലാരും അറിയുന്നു അപ്പൊ ആത്മാവിനെ അറിയുന്നു അപ്പൊ എല്ലാരും അറിയുന്ന ആത്മാവ് അതിന്റെ ബ്രഹ്മം വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭാഷകാരൻ പക്ഷെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം ഞാൻ എന്ന് പറഞ്ഞാൽ ഈ അറിയുന്നത് ആത്മാവിനെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അറിയുന്നത് ആത്മാവിനെയാണ് ഇത് വളരെ ശങ്കരാചാര്യര് അദ്വൈതത്തെ സമർത്ഥിക്കുന്നതിന്റെ ആണിക്കല് മൂലക്കല്ല് ഇതാണ് എന്താണ് ഞാൻ പറയുന്ന ഞാൻ എന്നറിയുന്ന ആത്മാവിനെയാണ് അവിടെ എല്ലാരും ഞാനെന്നറിയുന്നുണ്ട് അവിടെ ആത്മാവനെ അറിയുന്നുണ്ട് ആത്മാവ് തന്നെയാണ് ബ്രഹ്മം അപ്പൊ ബ്രഹ്മജ്ഞാനികളാണ് ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ശങ്കരായ പറയാൻ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാല് ശങ്കരാടെ പറയാൻ ഉദ്ദേശിക്കുന്നു ആരും അറിയാത്ത ഒരു കാര്യത്തെ ഞാൻ പറയുന്നു അജ്ഞാതമായ ഒരു വസ്തുവിനെയല്ല ഞാൻ ആൾക്കാരോട് പറയുന്നു മനസിലായോ ഭൂതം പ്രേതം എന്നൊക്കെ പറഞ്ഞാ അറിയുന്നവരും കാണും അറിയാത്തവരും കാണും അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്ന ബ്രഹ്മെന്ന് പറയുന്നത് ആരും അറിയാത്ത ഒരു കാര്യത്തെയല്ല ഞാൻ പറയുന്നു മറിച്ച് എല്ലാവരും അറിയുന്ന ഒരു കാര്യത്തെയാണ് പറയുന്നത് അത് എല്ലാവരും ബ്രഹ്മത്തെങ്ങനെ അറിയും ഞാനെന്ന് അറിയുന്ന പക്ഷെ ഇന്ന് നിങ്ങളെപ്പോലെയുള്ളവരെ കേൾക്കുമ്പോൾ എന്തോ ഒരു ചെറിയൊരു ചൊറിച്ച് ഞാനെന്ന് പറയുന്നുണ്ട് അറിയുന്നത് ആത്മാവിനെയാണോ എന്താണ് ആത്മാവ് ഒരു പിടികിട്ടുന്നല്ലോ എന്ന് തോന്നും ഇന്ന് പണ്ട് തോന്നത്തില്ല എന്തുകൊണ്ട് ഞാനെന്നുള്ള അനുഭവം എങ്ങനെ ഉണ്ടാകുന്നു അതുകൊണ്ട് എന്തിനാണ് അറിയുന്നെന്നോ <San> ും മനുഷ്യന് പഴയകാലത്ത് ഒരു ധാരണയില്ലായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ എന്ന് പറയുന്നത് ആത്മാവനെയാണ് അറിയുന്നതെന്ന് പറഞ്ഞ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കും അപ്പോ ഈ ഞാനെന്ന് പറയുന്ന ആത്മാവനെയാണെന്നുള്ളത് ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചത് നൂറ്റാണ്ടുകളായി ഈ അദ്വൈതമെന്ന് പറയുന്ന ഈ സംഗതി നിലനിർന്നത് ഇന്നും വലിയ വലിയ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും സയന്റിസ്റ്റുകളും ഒക്കെ ഈ അദ്വൈതത്തിന്റെ പിറകെ പോകുന്നു മനസിലായോ അദ്വൈതത്തെ കുറിച്ച് പറയുന്നിടത്ത് തുടക്കത്തിൽ എന്തോ ഒരു പ്രശ്നം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടോ എന്തെങ്കിലും പ്രശ്നം എന്താണ് പ്രശ്നം എന്താണ് അതിന്റെ പ്രശ്നം ആത്മാവിന്റെ ആധാരം ആരും പോയി ഏ ആത്മാവിനെ ഇങ്ങനെ വിശദീകരിക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട് അദ്വൈതത്തില് എന്താണോ ആ പ്രശ്നം ആ അവിടെ ഒരു അസ്പഷ്ടതയുണ്ട് എന്താണോ ഞാനെന്നുള്ള അനുഭവം ഉണ്ട് അത് ആത്മാവാണെന്ന് പറയുന്നിടത്ത് ബോധിക്കാൻ ഒരു വഴിയില്ല എന്തെങ്കിലും വഴിയുണ്ടോ ഉം ഞാനെന്ന് പറയുന്നത് ബ്രെയിൻ എന്നല്ല ബോധത്തെ ഉണ്ടാക്കുന്നു എന്നു പറഞ്ഞാൽ ഇന്നത്തെ കാലം വെച്ചാൽ കൊറേ മനസ്സിലാവും കൊറേയൊക്കെ പൂർണമായിട്ടല്ല അത് ഞാനെന്ന് പറയുന്ന ബോധത്തെ അത് സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഞാനെന്ന് പറഞ്ഞാൽ ബ്രെയിനെ അറിയുന്നു എന്നല്ല ആ ബ്രെയിനിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇന്ന് അംഗീകരിക്കാം യൻസ് പൂർണ്ണമായിട്ടല്ല പക്ഷെ ഞാനെന്ന് പറയുന്നത് കൊണ്ട് അറിയുന്നത് എന്താണ് ആത്മാവാണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം ഞാൻ എന്ന് പറയുന്ന അനുഭവത്തെ എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നല്ല ശങ്കരാചാര് പറയും മനസ്സിലായോ ഞാനെന്ന് പറയുന്ന അനുഭവത്തെ ബ്രെയിൻ സയൻസ് പറയുന്ന എന്താണോ ഞാനെന്ന് പറയുന്ന അനുഭവം ബ്രെയിനിന്റെ കൺസ്ട്രക്ഷൻ ആകാം െന്ന് പറഞ്ഞാൽ അതിന് പല കാര്യങ്ങളും ഇനി മനുഷ്യന് മനസ്സിലാകാറുണ്ട് പക്ഷെ ശങ്കരാചര്യ പറയുന്ന എന്താണ് എന്താണ് ഇതുണ്ടാക്കുന്നതെന്നുള്ളതല്ല ഞാനെന്ന് പറയുന്ന ഈ അനുഭവത്തിന് അറിയുന്നത് ആത്മാവാണ് എന്ന് പറയുമ്പോൾ ഈ അനുഭവത്തെ സൃഷ്ടിക്കുന്നതിനൊരു പ്രധാന കാരണം ആത്മാവാണെന്നും വരും ആത്മാവാണ് ഇങ്ങനെ ഒരു അനുഭവത്തെ സൃഷ്ടിക്കുന്നതെന്നും വരും പക്ഷേ അപ്പോൾ പിന്നെ ചോദ്യം വരും ആത്മാവ് എന്താണ് അങ്ങനെങ്ങനെ അനുഭവത്തെ സൃഷ്ടിക്കാൻ വരും അപ്പോൾ പിന്നെ അവിടെ ആത്മാവ് മാത്രം പോരന്ധകരണം വേണം അഹമെന്ന് പറയുന്ന വൃത്തി വേണം അഹങ്കാരം വേണം അധ്യാസം വരണം അങ്ങനെ പല പല വിഷയങ്ങൾ വന്നാലേ ശങ്കരായര് പറയുന്ന അഹം അനുഭവത്തെ സാധുഭരിക്കാൻ പറ്റും അതാണ് പിന്നെ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നത് ഇതുവരെ ചർച്ച ചെയ്തതൊക്കെ തന്നെ അന്ധ്യാസം വന്നുകഴിഞ്ഞാലേ അഹം എന്നുള്ള അനുഭവം ഉണ്ടാകും എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കണം അങ്ങനെ കരണ്ടും പോയ സ്ഥിതിക്കും അവസാനിപ്പിച്ചു